ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ا النابعت اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حتى تقاته ولا تموتوا الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها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 ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിക്കുകയും ചെയ്യണമേ എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശിഷ്യ ലൈനത്തുൽ ഖദറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാ ഈ സന്ദർഭത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റസോൽഹിഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ പത്ത് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള സമയങ്ങളിൽ ഇല്ലാത്ത യാത്ര മറ്റുള്ള സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ചെയ്യാത്ത യാത്ര ിൽ കാണാം ഏറ്റവും അധികം ദാനധർമ്മം ചെയ്യുന്ന എല്ലാ വർഷവും എന്റെ കൂട്ടത്തിൽ വെച്ച് വർഷത്തിൽ റമദാനിലെ അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലം അടിച്ചു വീശുന്ന ഒരു കാറ്റിനേക്കാൾ കൂടുതൽ ദാനധർമ്മങ്ങൾ വ്യാപൃതരാവാറുണ്ടായിരുന്നു എന്ന് ഹദീദുകളിൽ കാണാൻ സാധിക്കും റമദാനിലെ അവസാനത്തെ പത്തുകളിൽ തന്നെ കൽപ്പിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തത് ലൈലത്തിൽ കഥർ പ്രതീക്ഷിക്കപ്പെട്ടെ ഒറ്റയിട്ട രാഹുകളിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹദീദുകളിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ കഥ എന്ന് പറഞ്ഞാൽ ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് എന്റെ അർത്ഥം അൽ കദർ എന്ന് പറഞ്ഞായി അറബി ഭാഷയിൽ അതിന് പല അർത്ഥങ്ങളുണ്ട് എന്നതിന്റെ അർത്ഥമായി രണ്ട് അർത്ഥങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നാമത്തെ അർത്ഥം ആദരവിന്റെയും രാത്രി എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന പദത്തിന്റെ അർത്ഥം ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ രാത്രിക്ക് ആദരവും ആ രാത്രിക്ക് പ്രത്യേകതയും ബഹുമാനവും വർദ്ധിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു പാപമോചനവും അനുഗ്രഹവും അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ വറക്കത്തും ആ രാത്രിയിൽ ആകാശലോകത്തു ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ട് ബഹുമാനമുണ്ട് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ആദരമുണ്ട് എന്ന അർത്ഥത്തിലാണ് ആ പേര് കിട്ടിയത് എന്ന് ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രാത്രികളിൽ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ആഗ്രഹവും ബഹുമാനവും കൂടുതൽ പ്രതിഫലവും അള്ളാഹുവിന്റെ അടുക്കൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ആ രാത്രിയിലാണ് അള്ളാഹു സുബാന അവന്റെ സംസാരമായ അള്ളാഹുവിന്റെ ഖലാം ഏഴാകാശങ്ങൾക്കും ഇത് നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കുകയും അവിടെ നിന്ന് റസൂൾ ഉള്ളാഹി സാഹു അലഹി വസ്സലമുക്ക് അയച്ചു കൊടു ഇറക്കി കൊടുക്കുകയും ചെയ്തത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഖലാം ഇറക്കപ്പെട്ട രാത്രി എന്ന നിലയ്ക്കാണ് ലൈനത്തു കഥറിന് ആ ലഭിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആ രാത്രിക്ക് പണ്ഡിതന്മാർ പറയുന്നു ആ രാത്രിക്ക് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുണ്ട് ആ രാത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ആയിരം മാസങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനക്കാൾ പ്രവർത്തനത്തെക്കാൾ പ്രതിഫലമുണ്ട് എന്ന് യും രാത്രി എന്ന് പറഞ്ഞാൽ വിധി അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറയുന്ന എന്നതിന്റെ ഉദ്ദേശം വിധി നിർണയത്തിന്റെ രാത്രിയാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനാണ് കൂടുതൽ പ്രബനമായ അഭിപ്രായം അങ്ങനെ അഭിപ്രായപ്പെടാനുള്ള കാരണം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് حاميم أدن نرتم الله ونعليا والكتاب المبين ويأتم آي الله وندي وشد القرآن أدن نيانا ساتيم إِنَّا أَنزَلَّاهُ فِي لَيْلَةٍ مُبَارَكَةٍ مَانِي وشد القرآن أدن نيانا در إبنة فِي لَيْلَةٍ, ليلة مُبَارَكَةٍ بَرَكَتَا كَبْتُ لِدَعَتْرِي لَن بِدَعَتِن نيانا در يالغل إِلَيْلَى مُبَارَكَ ാണ് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് നാം ൾ ആ ദിവസം വിശദീകരിച്ച് നൽകപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹു പേനയോട് പറഞ്ഞു നീ രേഖപ്പെടുത്താൻ എഴുതണം അപ്പോൾ ആ പേന തിരിച്ചു ചോദിച്ചു എന്താണ് എഴുതേണ്ടത് അപ്പോൾ അപ്പോൾ ഈ വർഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഈ ലൈലത്തുൽ കദറിന് ശേഷം അടുത്ത ലൈലത്തുൽ കദർ വരെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അള്ളാഹു സുബാനഹ അവന്റെ മലക്കുകൾക്ക് വിവരം നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ കദർ ഈ വർഷം നിങ്ങൾ എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആരുടെയൊക്കെ ആർക്കൊക്കെ മരണമാസന്ത ആരൊക്കെ മരിക്കും ഈ വർഷം ഇന്നേ ആൾക്ക് എത്ര ഭക്ഷണമാണ് കിട്ടേണ്ടത് അവന്റെ അവൻ്റെ അജാൽ അവൻറെ അജൽ അവന്റെ അവനുമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു മലക്കുകൾക്ക് അറിയിച്ചു നൽകും അതാണ് അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദർ എന്ന പേര് കിട്ടിയതിന് ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായം ലൈലത്തുൽ ഖദറിന്റെയും അവസാനത്തെ പത്തിന്റെയും ശ്രേഷ്ഠത ധാരാളക്കിണക്കിന് ഹദീസുകളിൽ നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ രാത്രികൾ വർഷത്തിലെ എല്ലാ രാത്രികളെക്കാളും ഏറ്റവും ശ്രേധമാണ് വിശുദ്ധ റമദാനിലെ രാത്രികൾ അവസാനത്തെ പത്തിലെ രാത്രികൾ ഈ വർഷത്തിലെ എല്ലാ രാത്രികളെക്കാളും ഏറ്റവും ശ്രേട്ടമാണ് എന്നാൽ വർഷത്തിലെ ഏറ്റവും നല്ല രാവിലകൾ ഏറ്റവും നല്ല പകലുകൾ ആദ്യത്തെ പത്തിലെ പകലുകളാണ് നിർബന്ധമാക്കിയിട്ടുണ്ട് ആകാശത്തിന്റെ വാതിലുകൾ ആ മാസത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു ആകാശത്തിന്റെ അവരെ കെട്ടപ്പെടുന്ന മാസമാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അതിലുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അള്ളാഹു എത്ര കാരുണ്യവനാണ് അള്ളാഹു എത്ര അഹമ്മത്തുള്ളവനാണ് അള്ളാഹു സുഹാനുഭവത്താൽ അടിമകളോട് എത്ര മാത്രം അവന് ഉദാര്യമുള്ളവനാണ് ആർക്കെങ്കിലും അതിലെ നന്മകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലെ നന്മകൾ തടയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ നന്മകൾ പൂർണ്ണമായി തടയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അവിടെ പറഞ്ഞ ഉദ്ദേശം വൻ പാപങ്ങളല്ല മറിച്ച് ചെറിയ പാപങ്ങളാണ് വലിയ പാപങ്ങൾ അത് പ്രത്യേകം തന്നെ നടത്തേണ്ടതുണ്ട് അതിലെ നന്മകൾ നന്മകൾ തീർത്തും നശിച്ചുപോയവനല്ലാതെ തീർത്തും നിരാശ അടഞ്ഞവനല്ലാതെ ലൈലത്തുൽ കദറിലെ നന്മകൾ തടയപ്പെടുകയില്ല എന്ന് സ്ഥലമുള്ള ആളുകൾക്കണം പുറത്തിരിക്കുന്ന ആളുകൾ ഉള്ളിലേക്ക് ഇരിക്കണം വസ്ലമ പറഞ്ഞിട്ടുണ്ട് പറയുകയും ഏത് ദിവസങ്ങൾ അന്വേഷിക്കണം പറഞ്ഞി പറഞ്ഞു കഥലിന്റെ ദിവസം ഉണ്ടായിരിക്കും അവർ ഇറങ്ങി വരും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടി നന്മകൾക്ക് വേണ്ടി അവർ മുന്നിട്ട് വരും ഇനി നമ്മൾ അവിടുന്ന് അവസാനത്തെ പത്രത്തിക്കഴിഞ്ഞാൽ ഏത് ദിവസമാണ് ലൈലത്തു കദർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ പരിശ്രമിക്കുമായിരുന്നു ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കും എന്നാൽ ാണ് എന്ന് വ്യക്തമായി ഇന്ന രാത്രി മാത്രമേ അത് വരള്ളൂ എന്ന് വ്യക്തമായി അതീതുകളിൽ വന്നിട്ടില്ല മറിച്ച് പറഞ്ഞത് എനിക്ക് സ്വപ്നത്തിൽ ഏത് ദിവസമാണ് എന്ന വിവരം നൽകപ്പെട്ടു എന്റെ കുടുംബത്തിൽപ്പെട്ട് എൻ്റെ ഭാര്യമാരിൽ ആരോപണ എന്നെ എഴുന്നേൽപ്പിച്ച് എഴുതിപ്പിച്ച് അതിങ്ങനെ കണ്ടോണ്ടിരിക്കും എഴുന്നേറ്റപ്പോൾ എനിക്കത് മറക്കപ്പെട്ടു അവസാനത്തെ പത്തി അതിൻ്റെ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കണം എന്ന് റസൂലി അലഹി വസല്ലം അറിയിക്കുകയാണ് മാത്രമല്ല മറ്റൊരു ഹദീദ് നബിസ്ലാസ്ലം ഒരിക്കൽ പറഞ്ഞു എനിക്ക് ലൈലത്തിൽ കഥ ഏതാണെന്ന് അറിയിക്കപ്പെട്ടു ഞാൻ നിങ്ങളെ അത് അറിയിക്കാൻ വേണ്ടി ജപതിപ്പെട്ടു വരികയായിരുന്നു ആ സമയത്ത് വഴിയിൽ രണ്ടാളുകൾ തർക്കിക്കുന്നത് ഞാൻ കണ്ടു അപ്പം അവർ തർക്കിക്കുന്നത് നോക്കി നിന്ന സമയത്ത് ഞാനിത് മറന്നുപോയി എന്റെ ഓർമ്മ എന്നതൊന്നും ഉയർത്തപ്പെട്ടു അതിന് വലിയ പാഠമുണ്ട് നിങ്ങൾ വിചാരിച്ചേക്കാം അതുകൊണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഹയർ ആയിരുന്നു റസൂൽ അള്ളി വാശ അയ്യക്കൂടെ അല്ല എന്നാൽ അത് അറിയാതിരുന്നത് നിങ്ങൾക്ക് ഹയറായേക്കാം നിങ്ങൾക്ക് നന്മയായേക്കാം ഖദർ ഏതാണ് എന്ന് മനസ്സിലാകാതെ പോയത് നിങ്ങൾക്ക് ഹയറായേക്കാം എന്തുകൊണ്ടാണ് റസൂൽ അള്ളാം അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് പ്രവാത് അലം അങ്ങനെ പറയാൻ കാരണം ജനങ്ങൾ ഒന്ന് ലൈലത്തുൽ ഖദർ ഏതാണെന്ന് മനസ്സിലായാൽ ആ ദിവസം ഹസ്റ്റ് സാപ്പോട്ടും കൂടി പണിയെടുത്തു കഴിഞ്ഞാൽ പൊറുക്കുന്നുള്ള കാര്യം ഉറപ്പും പിന്നീട് ഒരു മനുഷ്യനും ലയിത്തുൽ കഥറിൻ്റെ അന്ന് മാത്രം പണിയെടുക്കും വേറൊരു ദിവസം ഒരു പണിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക അതിലെ ഏറ്റവും വലിയ അത്ഭുതം നോക്കും റസൂർ പറഞ്ഞത് റമദാൻ രാജ്യത്തിലല്ല ലൈലത്തുൽ കഥർ രണ്ടാമത്തെ പത്തിലുമല്ല മൂന്നാമത്തെ പത്തിലാണ് അത് തന്നെ കൂടുതൽ സാധ്യത അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ആദ്യം റമല വന്ന ഷാറില് കുറെ ആൾക്കാർ കുറെ പണിയെടുക്കും പിന്നെ തറാവുന്ന നടക്കായ ആളുകൾ കുറഞ്ഞ ആളുകൾ കുറഞ്ഞ ആളുകൾ പിന്നെ അവസാനം കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്കാണ് എടുത്തത് അവർക്കുള്ളതാണ് ലഹ്ലത്തുള്ള കഥ അവർക്കുള്ളതാണ് ഹിക്മത് അല്ലാത്തത് തന്നെയാണ് റസൂർഹി സല്ലു വസ്ലം അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല അള്ളാഹു അത് റസൂൾ സല്ലാഹു അലൈസ്മക്ക് മറപ്പിച്ചു മറപ്പിക്കുകയാണ് പറഞ്ഞു ൊന്ന് ഇരുപത്തിമൂന്ന് അതുപോലെ എന്നിങ്ങനെ ഒറ്റപ്പെട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കദർ അന്വേഷിക്കണം പ്രതീക്ഷ പ്രതീക്ഷിക്കണമെന്ന് റസൂർഹി നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് റസൂർ മറ്റുള്ള ദിവസങ്ങളിൽ പണിയെടുക്കാത്ത ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ നബി പണിയെടുക്കുമായിരുന്നു മാത്രമല്ല നമുക്കൊരു കൂടാരം ഉണ്ടാക്കി കൊടുത്തിരുന്നു നബിയുടെ ഭാര്യമാർ ആ കൂടാരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു ചെയ്യ ചില ആളുകൾക്കും എന്നൊരു വർത്തമാനം പറഞ്ഞിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കലും അള്ളാഹു വിക്രുകൾ മാത്രം ഉറച്ചിരിക്കുക എന്നതാണ് ഉദ്ദേശം അങ്ങനെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ വിക്രുകൾ ഖുർആൻ പറയുന്നതുമായി അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് കൂടുതൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം മാത്രമല്ല പത്ത് വന്നുകഴിഞ്ഞാൽ രാത്രി ഉറക്കത്തിൽ നിന്നേൽക്കും രാത്രിയെ ജീവിപ്പിക്കും നബി അവിടുത്തെ കുടുംബത്തെ ഉറക്കത്തിൽ നിലനിൽപ്പിക്കും പിന്നെ തന്റെ മുൻണ്ടൊക്കെ ഒന്ന് തന്റെ അരയുടുപ്പ് മുറുക്കിക്കെട്ടി പണിയെടുക്കുമായിരുന്നു പറഞ്ഞമാണ് നബി സല്ലാഹുലൈ വല്ലം അതിനുവേണ്ടി പണിയെടുക്കാൻ അടിവാദത്തുകൾക്ക് വേണ്ടി ശക്തമായി മുന്നിട്ടിറങ്ങുമായിരുന്നു എന്ന് കാണാം നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട അഷ്റഫ് റസൂർ അലിഹി വസ്ലമയാണ് അവസാനത്തെ മാതിരി പണിയെടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്കുള്ള പാഠം നമ്മൾ എത്രമാത്രം അതിന് മുന്നിട്ടിറങ്ങണം എന്ന കാര്യം ആ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പെട്ടതാണ് ലൈലത്തുള്ള കദർ ചില ആളുകളുടെ താരം ഇരുപത്തിയായിരാവുക അത് ലൈലത്തുകൾ ഉറപ്പിച്ച് അതല്ലെങ്കിൽ ചില രാത്രികൾ ലേലത്തുൽ കഥനാണെന്ന് ഉറപ്പിച്ച് ആ രാത്രികളിൽ മാത്രം ചിലർ പ്രവർത്തിക്കുന്നത് കാണാം ഹദീസുകളിൽ അലി വസല്ലം അവസാനത്തെ പത്തിൽ അതിനെ അന്വേഷിക്കാൻ പറഞ്ഞു എന്നതിനോടൊപ്പം തന്നെ ചില ഹദീസുകളിൽ നിന്ന് അതല്ലെങ്കിൽ ചില സഹാബികളുടെ വാക്കുകളിൽ നിന്ന് അവർ ചില ആളുകൾ പറഞ്ഞ് ഇരുപത്തൊന്നാണ് അതിലോ യാതൊരു സംശയമില്ല കാരണം ഇരുപത്തൊന്നാം തീയതി ലേലത്തിൽ ഞാൻ കണ്ടതാണ് ചില ആളുകൾ ഇരുപത്തേഴാണ് ഒരിക്കൽ പറഞ്ഞു ലൈന തുടക്കത്ത എന്റെ ദിവസം എനിക്ക് കാണിക്കപ്പെട്ടു ഞാൻ ദിവസം പറഞ്ഞുപോയി ആ ദിവസത്തിൽ ഞാൻ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ എന്റെ നെറ്റിയിൽ ചെളി പതിയുന്നതായി ചെളി പതിഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ സഹാബികൾ കാത്തിരുന്നു അപ്പൊ റമദാനിലെ ഇരുപത്തി ഒന്നാം രാവിലെ നമസ്കരിക്കാൻ നിമിസ നമസ്കരിച്ച് മഴ പെയ്തു അന്ന് നന്നായി മഴ പെയ്തു അപ്പോ പിന്നെ പ്രവാചകൻ സല്ലുസലമയുടെ പള്ളി നിങ്ങൾക്കറിയാം ഓല കൊണ്ടുണ്ടാക്കിയതാണ് മഴ പള്ളിയിലേക്ക് എത്തി നബി സല്ലാസ്ലെ ചെളിയുടെ സുജൂതി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുപോകും അപ്പൊ ആ സഹജി പറഞ്ഞ് ഇരുപത്തി ഒന്നാണ് അത് ഇരുപത്തി ഒന്നാം തീയ്യതി ഇരുപത്തൊന്നരാവായിരുന്നു ഓരോ ചില ആളുകൾ പറഞ്ഞ് ഇരുപത്തേഴാണ് യഥാർത്ഥത്തിൽ അതീതകളെ ജമണി ചെയ്തുകൊണ്ട് യോജിച്ചു യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇലാം നബുബർ പറഞ്ഞു ഹിയമു അമുതന കല ലൈനത്തിൽ കത്തിലിൻ്റെ രാത്രികൾ എന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതൊരു പ്രത്യേക രാത്രിയല്ല അത് ഓരോ വർഷവും ഫിസനോ ഫിസനത്തിൽ ഫിതയില്ല ഒരു രാത്രി ഒരു വർഷത്തിൽ ഒരു രാത്രിയാണെങ്കിൽ ഒരു പ്രത്യേക രാത്രിയാണെങ്കിൽ അടുത്ത വർഷം വേറൊരു രാത്രി ആയിരിക്കും നിമിഷം പറഞ്ഞത് നിങ്ങൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഈ ദിവസങ്ങളിൽ അന്വേഷിക്കാനാണ് ഇതിന് ഏതിനും വരാം ഈ വർഷം ചിലപ്പോൾ ഇരുപത്തിയ്യായിരിക്കാം ചിലപ്പോ ഇരുപത്തിമൂന്ന് ഏതായിരിക്കാം അള്ളാഹു അലം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഷഹാബിമാർ എന്തുകൊണ്ടാണ് ഇത് ഇരുപത്തിയേഴ് പറയാൻ കാരണം അവർ ഇരുപത്തിയരാവിന് ഇരുപത്തിയ്യാവിന് ചില ആളുകൾ ചില അടയാളങ്ങൾ കണ്ടു ആ വർഷം ഇരുപത്തിയരാവിനായിരുന്നു ലലിതത്തിലുള്ള കഥർ വേറെ ചില സഹാബികളോ അവർ ഇരുപത്തൊന്നും അന്നായിരുന്നു ലൈലത്തിൽ ആ വർഷം അന്നായിരുന്നു അപ്പൊ അതിൽ തമ്മിൽ പക്ഷേ നമുക്കതിനുള്ള പാഠം നാം മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലെ രാത്രികളിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം റസൂൽ അലൈഹി സ്വലം ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ലൈലത്തുൽഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന് ചില അടയാളങ്ങൾ ഉണ്ട് ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ ചില പ്രത്യേക ദിവസത്തിന് ചില അടയാളങ്ങൾ ഉണ്ട് അത് റസൂൽ അലൈഹി സ്വലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂൽ അലൈഹി പറഞ്ഞു ليله صبيحتها تطلع الشمس <سؤال> ليس لها شعاع النبي صلى الله عليه وسلم പറഞ്ഞു അന്നെ ദിവസം സൂര്യനെ ദിക്കുമ്പോൾ അതിന് രശ്മികൾക്ക് അത്ര ശക്തിണ്ടാവില്ല ചൂടുവര വൈ മറ്റാ ഹദീസിലു രക്തമായി തന്നെ വന്നിട്ടുണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ഇന്നഹ റത ലൈലത്തുൽ ഖദർ انها صافيه بلجه ലൈലത്തുൽ ഖദറിൻറെ രാത്രി അതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ദ സഫിയ നല്ല വൃത്തിയുള്ള ശുദ്ധമായ രാത്രിയായിരിക്കും അത് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശിക്കുന്നതായിരിക്കും ആ ദിവസം ചന്ദ്രൻ കൂടുതൽ പ്രകാശിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗി നല്ല മനോഹരമായിരിക്കും സമാധാനത്തിന് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ആ ദിവസത്തെ രാത്രിയും രാവിലെയും ദൈനത്തിൽ രാത്രിയും രാവിലെയും നല്ല തണുപ്പോ നല്ല ചൂടോ ഉണ്ടാവുകയില്ല ഏതാണ്ട് ഒരു മിതമായ ചൂടും മിതമായ തണുപ്പുമായിരിക്കുമെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞു അന്നേ ദിവസം പിന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ രശ്മികൾ അത് കുറവായിരിക്കും മാത്രമല്ല നക്ഷത്രങ്ങൾ കൊണ്ട് പിശാജിനെ അറിയപ്പെടും ആ ദിവസം പിശാജിനെ അറിയുകയില്ല അന്ന് നക്ഷത്രങ്ങൾ കൊണ്ട് പിശാജിനെ അറിയുകയില്ല മാത്രമല്ല ആ ദിവസത്തിൽ പിന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട് കൊമ്പ് അവക്കിടയിലാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായി നമസ്കരിക്കാൻ പാടില്ല നമസ്കാരം വിളക്കിയ സമയമാണ്കാരമല്ല ഞാൻ പറഞ്ഞത് സുന്നത്തായ പ്രത്യേക കാരണമില്ലാത്ത നമസ്കാരങ്ങൾ ആ സമയങ്ങളിൽ നബിസ്ഹ് വല്ലം വിലക്കിയിട്ടുണ്ട് കാരണം എന്താണ് ആ സമയത്ത് പിഷാജിന്റെ കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ ഉദിക്കുകയും അസ്മിക്കുകയും ചെയ്യുന്നത് റസൂള്ളഹി വസും പറഞ്ഞിട്ട് പക്ഷേ ലൈലത്തുള്ള കദറിന്റെ അന്ന് പിഷാജിന് സൂര്യനോടൊപ്പം ഉദിക്കാനോ അസ്തമിക്കാനോ സാധിക്കുകയില്ല എന്ന് റസൂൾ ഉബ്വാഹി സല്ലാഹു അലൈവിം അറിയിച്ചിട്ടുണ്ട് ഈ ഹദീതുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഹദീതകളുള്ള നമ്മുടെ നിലപാടെന്താണെന്ന് ഇതിനോടൊക്കെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക എന്ന കാര്യം ഈ സമയത്ത് എല്ലാവരും മനസ്സിലാക്കുക അലഹമില്ല വിശ്വാസിനികളെ അള്ളാഹുനെ സൂക്ഷിക്കുകയും അവന്റെ വിധുവിലക്കുകൾ സാധിക്കാവുന്നിടത്തോളം പാലിക്കുകയും ചെയ്യണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലൈലത്തുൽ ഖദർ ആർക്കെങ്കിലും ഇന്ന് ലൈലത്തുൽ ഖദർ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ലലത്തുൽ ഖദർ ഒരാൾക്ക് ബോധ്യപ്പെടുക ഇന്ന് ലൈലത്ത് ഉൽഖാണെന്ന് ബോധ്യപ്പെടൽ ഖറാമത്താൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള കരാമത്താൻ എല്ലാവർക്കും സാധിക്കുകയില്ല ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇന്ന് ലൈലത്തുൽ കതറാണെന്ന് ബോധ്യപ്പെടുക എന്ന് കരാമത്താൻ അങ്ങനെ ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ അത് നാട്ടിലൊന്നാകെ പാടിനെടുക്കാൻ പാടില്ല കാരണം പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള കാര്യമാണ് ഒരാൾക്കൊരു കരാമത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല നാട്ടിലൊന്നാകെ പറഞ്ഞെടുക്കാൻ പാടില്ല അത് മുടിവെക്കണം ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു സ്ത്രീ അവളുടെ ആർത്തവം മൂടി വെക്കുന്നത് പോലെ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ ആളുകളിലോട് പറയാതെ മറിച്ചു വെക്കുന്നത് പോലെ വെക്കേണ്ടതാണ് പറഞ്ഞ കാര്യമാണ് അത് ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബോധ്യപ്പെടാം നമുക്ക് മനസ്സിലാക്കാം ചില സമയങ്ങളിൽ ചിലത് കണ്ടാൽ ഇന്നലെ തുടരണം അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാരോടും പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത് അത് അള്ളാഹു ശുക്ർ പറയുകയാണ് ചെയ്യേണ്ടത് ഇനി ായാൽ ഞാൻ അന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നബിയെ ഞങ്ങളൊന്ന് പറഞ്ഞേരിൽ ഖദർ മാറാൻ സാധ്യതയുണ്ട് എന്ന് ആരും മനസ്സിലായി അതിന് സൂചനയുണ്ട് അപ്പോൾ നബിസല്ലാഹു അലി പഠിപ്പിച്ചു കൊടുത്തു മാപ്പാക്കി കൊടുക്കുകൾ വിട്ടു കൊടുക്കുന്നവരാണ് വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനുമാണ് അറിയു അന്നി അതുകൊണ്ട് അല്ലാഹുവേ എന്റെ പാപങ്ങളെ നീ എനിക്ക് വിട്ടുപോർത്തു മാപ്പാക്കി തരണം പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെ പറ്റി അബൂ ഹുറൈറ റസൂല്ലല്ലാഹി പറഞ്ഞതി മാ നി ദുഅവതിൻ യദുഉ ബിഹൽ അബ്ദു അഫ്ളൻ മി അല്ലാഹumma ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിൽ ദുന്നാ അഖിറ അല്ലാഹുവേ നിന്നോട് ഞാൻ മുആഫാത്ത് വിട്ടുപോയിച്ച മാഫിയത്ത് സൗഖ്യം ചോദിക്കുന്നു അല്ലാഹുമ ഇന്നി അസ്അലുക്ക المعافاة والعافية يَنَّ دُعَائِنَ كَال سريرتَوَى وَيَبَتُّرِ دُعَاءٌ وَلَا نِمَكُمْ بَرَارْتِكَانِ صَدِكَ إِلَّا معطرم الله معطر ابن عباس رضي الله تعالى اضعهم ابن عباس الله عباس بن عبد المطلب ابن عبد المطلب ابن, ابن عبد المطلب ابن عبد المطلب عباس بن عبد المطلب رسول الله صلى الله عليه وسلم قال له علمني شيئا أسأل الله അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം ധാരാളം ആ ചോദ്യം ആവർത്തിച്ചു അപ്പോ റസൂലയാണല്ലോ നിങ്ങൾ ചോദിക്കും സൗഖ്യം ഉള്ള ീഴ്ച അള്ളാഹുവിന്റെ എടുക്കുന്ന ഒട്ടുവീഴ്ചയും പാപമോചനവും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലയിലും അതുപോലെ തന്നെ അവസാനത്തെ പത്തിന്റെയും ദിവസങ്ങളിൽ നടമാടുന്ന ധാരാളക്കണക്കിന് തിന്മകൾ അല്ലെങ്കിൽ ധാരാളക്കണക്കിന് അബദ്ധങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അതിൽ പെട്ടതാണ് അവസാനത്തെ പത്തിനെ ഗൗരവത്തോടു കൂടി സമീപിക്കാതിരിക്കുക എന്നത് പല ആളുകൾ വലിയ പ്രാധാന്യം കല്പിക്കാറില്ല സാധാരണ മടുത്ത് പോയിട്ടുണ്ടാവും നമ്മൾ ഞാൻ കുറെ പണ്ണിത്ത് ക്ഷീണിച്ച് അപ്പൊ പിന്നെ ഇനിയിപ്പോ ഈ സമയത്തന്നെ പണിയെടുക്കട്ടെ അപ്പോൾ ഈ സമയത്ത് കൂടുതൽ പണിയെടുക്കാൻ സാധിക്കാവുന്നവരൊക്കെ തയ്യാറാവണം അതുപോലെ തന്നെ ചില ആളുകൾ കാണാം ഇരുപത്തിയേഴ് റമദാൻ ഇരുപത്തിയേഴിന്റെ രാവിലെ മാത്രം അന്ന് മാത്രം കാണാം ചില വള്ളികളിൽ നിസ്കാരം രാത്രി നിസ്കാരം മാത്രം അന്ന് മാത്രം ഇപ്പൊ നേരത്തെ പറഞ്ഞ ആദ്യം അന്ന് മാത്രം ചെയ്യുന്ന പ്രത്യേകിച്ച് പിതാച്ചോ ഞാൻ പറയുന്നത് പക്ഷെ അന്ന് മാത്രം ഒതുങ്ങി കൂടാല്ല റസൂള്ള പറഞ്ഞത് സല്ലു അലഹി മറിച്ച് എല്ലാ ഒറ്റയിട്ട രാവുകളിലും നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണം അതിനുവേണ്ടി പണിയെടുക്കണമെന്നാണ് റസൂൽഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞത് അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസത്തിൽ ഈ പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം രാവിലെ നമ്മുടെ നാട്ടിൽ നടമാടുന്ന വളരെയധികം ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള വിദ്യാർത്ഥിയിൽ പെട്ടതാണ് ഇരുപത്തിയേഴാം രാവിൻ്റെ ദിവസത്തിലുള്ള സ്വലാത്തു വാർഷികങ്ങൾ അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ എന്ന പേരിൽ ആളുകൾ പാഠത്തൊരുമിച്ച് കൂടുകയും സ്വലാത്ത് ചെല്ലുകയും വന്ന് റസൂൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചില ആളുകൾ ചെറുക്കു ചെയ്യുന്നു അള്ളാഹു അള്ളാഹു അവർക്ക് ഹിതായെ നിങ്ങൾ അതിനുവേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണം കാരണം അള്ളാഹു സുഭാരകൂവത്തെ ആന ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാത്രിയിൽ തന്നെ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന തിന്മയാണ് അവർ ചെയ്യുന്നത് அல்லாஹ் இரது விட்டப்படும் रात्री আল্লাহ ഏറ്റവും വർക്കുന്ന തിന്മ ചെയ്യുക അല്ലാഹുอัลതറബി വിളിച്ചു പ്രാർത്ഥിക്കുക ಅದുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ स्थिरപ്പെട്ടു വന്നിട്ടില്ല അതുമാത്രം മതി പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ ശരിക്ക് അറിയുന്നോളുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലാഹു രസൂക്ഷിക്കാനത്തെഖു കൈക്കൊള്ളാൻ വേറെ ആരുকো സാധിക്കില്ല അവൻത്ര വലിയവരായല്ലോ എത്ര പണിയെടുത്താലും നബിഅ അലൈലുവല്ലമയേക്കാൾ കൂടുതൽ തക്കവ ആർക്കും സാധിക്കുകയില്ല ഒരിക്കൽ പ്രവാർ അല്ലെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇബാദത്ത് അതിൽ മുസ്ലിമ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് അള്ളാഹു വാഹി അനുസരിച്ച് ഇളവ് നൽകി ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യണമെന്നത് നിർബന്ധമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നബിക്ക് റുസ കിട്ടിയപ്പോൾ ഇളവ് കിട്ടിയപ്പോൾ നബി സഹാബിൾ അറിയിച്ചു ഇനി നിങ്ങൾ അത് നിർബന്ധമായി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പൊ ചില സഹാബികൾ പറഞ്ഞു ഓ അള്ളാഹിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ തിന്മകളും വരാൻ പുറത്താളല്ലേ നമ്മൾ ആ റസൂൽ എടുക്കേണ്ടതില്ല നമ്മൾ അത് ചെയ്യണം എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂസ്തമായ ദേശത്തോട് ഒരു വിവാഹം ആളുകളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നതും അള്ളാഹുവിനെ ഭയക്കുന്നതും സൂക്ഷിക്കുന്നതും ഞാനാണ് ആ റസൂലേക്കാൾ നിങ്ങൾക്ക് തക്കവുണ്ടാവില്ല റസൂടെ അവിടെ നടന്നു പോയ മാർഗത്തിലൂടെ ഞാൻ നടക്കുക അത് മുസ്ലിമിന്റെ മാർഗം പഠിപ്പിച്ച രൂപത്തിൽ മാത്രം വിവാദത്തുകൾ ചെയ്ത് ഒതുങ്ങിക്കൂടുക എന്നത് അഭിവാദത്താണ് നബി പറഞ്ഞതുപോലെ മാത്രം ഒതുങ്ങി കൂടിയിട്ട് അടിവാദത്ത് ചെയ്യുക അതിൽ അപ്പുറത്തേക്ക് കടക്കാതിരിക്കുക അതിൽ കുറക്കാതിരിക്കുക എന്നൊരു അഭിവാദത്താണെന്നതുപോലെ തന്നെ അതിൽ കൂട്ടാതിരിക്കുന്ന അഭിവാദത്താണ് നിസ്കാരത്തിൽ രണ്ടരക്കാതെ നിസ്കരിക്കാനുള്ള വിഭാഗത്താണ് ശുഭി നമസ്കാരം അത് മൂന്നാക്കാൻ പാടില്ല മൂന്നാക്കാതിരിക്കുക എന്നൊരു വിവാദത്താൻ രണ്ടിൽ ഒതുങ്ങുക എന്നൊരു അഭിവാദത്താൻ നബിസല്ലാ അവസാനത്തെ പത്തിൽ പഠിപ്പിച്ച ഇബാദച്ചുകൾ അത് നിങ്ങൾക്ക് ചെയ്യാം പുതിയ രൂപങ്ങളിലോ പുതിയ ഭാഗങ്ങളിലോ അതെത്ര നല്ലതാണെന്ന് തോന്നിയാലും അങ്ങനെ ആരെങ്കിലും ഇസ്ലാമിൽ പുതിയൊരു നബിസല്ലാത്തൊരു കാര്യം ചെയ്തതിനു ശേഷം ാണ് അവൻ ജനിപ്പിക്കുന്നത് അതിന്റെ ഗൗരവം ഒറ്റ ഹരീത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരൊറ്റ ഹരീഫ് മാത്രം നിങ്ങൾക്ക് അതിന് മതി പറഞ്ഞു ിൽ നിന്നും എല്ലാവരിൽ നിന്നും അള്ളാഹു വച്ചിരിക്കുന്നു ില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയ അവസാനത്തെ പത്തി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞെന്താ അല്ലാണ്ട് പൊറുക്കല്ലോ ചോദിക്കാനാണ് വിധാത്തുകൾ ചെയ്യുന്നവർക്ക് അല്ലാവിയില്ല അതുകൊണ്ടാണ് ചെയ്യണമെന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് റങ്ങി വേർത്ത് പണിയെടുക്ക പണിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ഹൈറാണ് ഒരു സുന്ദ ചെയ്യുന്ന മനസ്സിന് ഉദ്ദേശിക്കുന്നത് ബിതാത്തിനു വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് വേർക്കുന്നതിനേക്കാൾ എത്രയോ നന്മയുള്ളതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വ്യാഴ അടുക്കളക്ക് നടക്കുന്നവൻ അവൻ ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് ബിജാത്തിന്റെ ആവണത്തിലേക്ക് പോകുന്നവൻ അവൻ ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ അവസാനത്തെ പത്തി അല്ലാഹുവിന്റെ ഒരു സഹാബി റമദാനത്തെ പത്തി ഇവർ ചെയ്തതുപോലെ ഒരു സ്വരാത് വാർഷികം നടത്തിയത് നിങ്ങൾ കാണിക്കുക وردتون أبهر كالسل الله اسلحه كذلك أبهر كأباءة والغرانة نعمل أبهر كالخير نمر كندون من ننويشسي كندون اللي بالصلاة اللي ننمي ولي خير اللي ابن عباس رضي الله عنه بارينو. أهل السنة اللي والتاة اللي سنت اللي مرد في قاتل ابن عباس رضي الله عنه مامين آمين नहीं नहीं बायती अल الناس عام جنங்களுக்கு करनवरने अल्लाह वर्षतुल इल्ला हदफू فيه बिदाह अदर अल्लाह वर्षतुल बिदाहताണ്ടാకికొండిరుకు ఓవర్షోల బిదాతు బదియైకుండాగం వఅమాతు ఫీహి సున్న రసూల లయ సున్నతు మରିకుం అల్లాహ్ వర్షోల బిదాతు జనికుం ఒరు సున్నతు మరికుం హత్తా తహయల్ బిదా వతమুত సునన్ അങ്ങനെത്തുകൾ ജനിക്കുകയും സുന്നത്തുകൾ മരിക്കുകയും ചെയ്യും നീ ഒരു ആളുകളോട് പറഞ്ഞാൽ ആളുകൾ പറയും ഓ നീ ഒഴിവാക്കിയതിന്റെ നബിയുടെ ഒരു സുന്നത്താണല്ലോ അത്ര ശരിയാണ് പറഞ്ഞത് അല്ല ഒരു വെള്ളിയാഴ്ച പ്രാധാന്യം പ്രത്യേകം തന്നെ പറയേണ്ട കാര്യമാണ് പക്ഷേ ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കാൻ നിശ്ചയിക്കാൻ കൂടി എന്തുണ്ട് തെളിവ് അതുകൊണ്ട് തന്നെ അലി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിൽ തന്നെ അഭിബാധകളുമായി മുന്നോട്ട് പോവുക മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ പ്രത്യേകമായി ഞാൻ വസീയത്ത് ചെയ്യട്ടെ റമദാനിലെ അവസാനത്തെ പത്തി ടൗണിലേക്ക് ഇറങ്ങി അള്ളാഹുവിന്റെ ഈ മാസത്തിലെ ഹെറുമത്തുകൾ നശിപ്പിക്കുന്നവർ അവരല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയക്കട്ടെ അവർ അല്ലാഹുവിന്റെ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള അവന്റെ ശിക്ഷയെ കുറിച്ച് അവന്റെ കോപത്തെ കുറിച്ച് അവർ ഭയപ്പെടട്ടെ പറഞ്ഞത് വഴിയുടെ മധ്യഭാഗം സ്ത്രീകൾക്കുള്ളതല്ല വടിയുടെ മധ്യഭാഗം സ്ത്രീകൾക്കുള്ള സ്ത്രീകൾ ഒതുങ്ങി നടക്കണം എന്താണ് നിങ്ങൾ അങ്ങനാടികൾക്ക് ഇറങ്ങിയാൽ കാണാൻ പോകുന്നത് റമദാനിലെ അവസാനത്തെ പത്തിലാണ് നിങ്ങൾ ധാരാളമായി മുസ്ലിം സ്ത്രീകൾ വസ്ത്ര ഷോപ്പിങ്ങിന്റെ പേരിലും മറ്റു വൃത്തികെട്ട ഉദ്ദേശങ്ങളിലും പുറത്തേക്ക് ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു പെണ്ണ് അത്തരടിച്ച് സുഗന്ധം വടികളോട് നടന്ന് അവളുടെ സുഗന്ധം ആളുകൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ അറിയിച്ചത് പ്രിയപ്പെട്ട മുസ്ലിം വനിതകള് അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ നിങ്ങൾ ജനങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാരണം നിങ്ങൾ ജനങ്ങളുടെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാരണമായി നിങ്ങൾ മാറാൻ പാടില്ല ഈ വസികത്തെ നിങ്ങൾ ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കിലോമീറ്റർ ഒരു നടന്നു കഴിഞ്ഞാൽ എത്രയെത്ര ആളുകളെയാണ് അവൾ നരകത്തിലേക്ക് വലിച്ചെളക്കുന്നത് ഒരു കിലോമീറ്റർ അവളുകൾ മതി എത്ര ആളുകളുടെ കണ്ണുകളാണ് അവളിലേക്ക് എത്തിപ്പോകുന്നത് എത്ര എത്ര ആളുകളാണ് അവളുടെ സുഗന്ധം ആസ്വദിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം വനിതകളെ ഭർത്താക്കന്മാരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഈ മാസത്തിന് അതിന്റേതായ ഹൗർമത്ത് നൽകണം അതിന്റേതായ പവിത്രത കൽപ്പിക്കണം അതിന്റെ പവിത്രത കൽപ്പിച്ചു ചീന്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ അടുക്കൽ ഉണ്ടാവാൻ പാടില്ല എന്നീ സന്ദർഭത്തിൽ എല്ലാവരെയും എന്നെയും നിങ്ങളെയും അള്ളാഹു സുഹാനുഭവൻ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തിയാക്കുവാനും അവസരത്തിൽ സന്തോഷിക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നാം ഈ നോട്ട് നോമ്പുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ಸಂತೋಷತோடு ಗುರು ನਿਲಕಾನನುವಲ್ಲ ಅವಕಾಶ ನಲ್ಗಿ ನಾನು ಎವರು ಮಣಿಕೋಯ ಕುಮಾರರಕ್ಕೆ ಅಲ್ಲಾಹumma rabbana taqabbal minna innaka anta samiyul alim rabbana taqabbal minna sawiamana wa salatana wa rabbana taqabbal minna innaka anta samiyul alim allahumma ansuri muslimina fi kulli makan allahumma ansuri muslimina fi suriya wa fi filastin wa fi yaman allahumma ansuri muslimina fi kulli makan اللهم مثل للمسلمين في في مالر يا ربنا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودم عدادهم واحمي عز الاسلام واجمع كلمه المسلمين على الحق يا رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمه الله